ഒരു അന്തേവാസി ഋഷിയോട് ചോദിക്കുമ്പോ ഉപനിഷത്തില് തൈത്രിയോപനിഷത്തിൽ ഋഷി പറയും എങ്ങനെയോ ഉപാസിക്കേണ്ടത് ശാന്തി സമൃദ്ധമൃതം ഇതി പ്രാചീന യോഗ്യോപാസ്വ समृद्ध शांति ब्रह्म उपासू शांति ब्रह्म स्वरूपमुपासू शांतोय आत्मा स्वरूप शांति निांति മനസ്സില്ലാത്ത അവസ്ഥയാണ് ശാന്തി ശാന്തിയായിട്ടിരിക്കുമ്പോ ഉള്ളിൽ നോക്കിയാൽ കാണാൻ മനസ്സുണ്ടാവില്ല ചിത്തവൃത്തികളും വിചാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല മനസ്സമാധാനം മനഃശാന്തി എന്നൊക്കെ പറയണതും തെറ്റായ വാക്കാം എന്താന്ന് ശാന്തി ഉള്ളപ്പോ മനസ്സില്ല മനസ്സുള്ളപ്പോ സമാധാനമില്ല ശാന്തി എങ്ങനെ കൈവരും അതാണ് ഭഗവാൻ പറഞ്ഞു ത്യാഗാത്ത് ശാന്തി അനന്തരം ഭോഗം ചെയ്യുമ്പോൾ സുഖമുണ്ടാവും ത്യാഗം ചെയ്യുമ്പോൾ ശാന്തി ഉണ്ടാവും ഒന്ന് പ്ലഷർ മറ്റൊന്ന് ബ്ലിസ് ഭോഗം ചെയ്യുമ്പോ സുഖമുണ്ടാവും ആ സുഖം സുഖത്തിനും ശാന്തിക്ക് എന്താ വ്യത്യാസം എന്നുവെച്ചാൽ എന്താ വ്യത്യാസം എല്ലാരും അൽപ്പൽപ്പം ശാന്തി അനുഭവിച്ചിട്ടുണ്ടാവും രണ്ടു ദുഃഖത്തിന് നടുവിലെങ്കിലും കുറച്ച് ശാന്തി അനുഭവിച്ചിട്ടുണ്ടാവും സുഖവും അനുഭവിക്കണം എന്താ ഈ സുഖത്തിനും ശാന്തിക്കും വ്യത്യാസം നമുക്കിഷ്ടപ്പെട്ട ഒന്ന് കിട്ടുമ്പോ തുള്ളിച്ചാടി അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം ആ സുഖത്തിനും ശാന്തിക്ക് എന്താ വ്യത്യാസം സുഖം അനുഭവിക്കുന്ന ഒരാളുണ്ട് ശാന്തി അനുഭവിക്കണ ഒരാളില്ല നീ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സുഖം അനുഭവിക്കുമ്പോ ദർ ഈസ് എ പേഴ്സൺ വിത്തൗട്ട് പേഴ്സൺ പ്ലഷർ ഇസ് നോട്ട് പോസിബിൾ ശാന്തി അനുഭവിക്കുമ്പോ വിത്ത് എ പേഴ്സൺ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഒരു വ്യക്തി അഭിമാനം ശാന്തി അനുഭവിക്കുമോണ്ടാവില്ല അഭിമാനമില്ലാത്ത സമയത്താണ് ഈ ശാന്തി വരണത് അഭിമാനമുള്ളപ്പോ സുഖമുണ്ടാവാം ദുഃഖം ഉണ്ടാവാം ഭഗവാൻ നമുക്ക് ചെയ്യണ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അരുണാചല അക്ഷരമണമാലയിൽ രമണ ഭഗവാൻ ഒരു പാട്ടിൽ പറഞ്ഞു മാനം കൊണ്ടുരുപവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതെ ഒളിർ അരുണാചല അരുണാചല ശിവൻ ഹൃദയത്തിൽ പ്രകാശിക്കണമെങ്കിൽ ഒളിർ എന്നുവെച്ചാൽ പ്രകാശിക്കൂ എന്താ ഇപ്പൊ തടസ്സം എന്ന് വെച്ചാൽ ഈ മാനം അഭിമാനം മാനം കൊണ്ടുറുപവർ ഈ മാനം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ മാനത്തെ അഴിത്ത് അഭിമാനത്തിനെ ഇല്ലാതാക്കി ചെയ്ത് അവരുടെ ഉള്ളിൽ പ്രകാശിക്കും ഇമ്പേഴ്സണൽ പ്ലഷർ എന്ന് വേണമെങ്കിൽ പറയാം ശാന്തിയെ ഒന്ന് ഭോഗം ചെയ്യുമ്പോ ഉണ്ടാവണതും ഒന്ന് ഭോഗത്തിനെ ത്യാഗം ചെയ്യുമ്പോൾ ഉണ്ടാവണതും നമ്മൾക്ക് ഇഷ്ടം പോലെ വീട്ടിൽ ചോറും കറിയും ഒക്കെ നമുക്ക് വിശപ്പുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനും കറിയും ഒക്കെ ഇലയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് സുഖമായിട്ട് കഴിക്കുമ്പോ ഒരു സുഖമുണ്ട് ആ സുഖം കുറച്ചു ആ വിശപ്പ് തീരും സുഖം കുറഞ്ഞു കുറഞ്ഞു വരും എന്നിട്ട് അത് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാലോ ഊണ് കഴിഞ്ഞാലോ അടുത്തപടി എന്താ കഴിഞ്ഞു അസുഖമൊക്കെ പോയി അല്ലേ പിന്നെ ചിലർക്ക് വാരിവലിച്ച് തിന്നും സുഖമാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വയർ കട്ടിയും ബഹളം കൂട്ടലും എന്നാ തീറ്റ ഒത്തിന് നിർത്തൂല അതാണ് സുഖത്തിന്റെ പരിണത ഫലം അതേ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണോ ഉമ്മർത്ത് വിശന്നുകൊണ്ട് ഒരാൾ വന്ന് നിൽക്കണു വിശപ്പോടെ വന്ന് നിൽക്കുമ്പോ അയാൾക്ക് ഈ ചോറും കറിയും ഒക്കെ കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുത്തപ്പോ അയാളുടെ മുഖത്ത് ഒരു പ്രസന്നത കണ്ടു ആ പ്രസന്നത കണ്ടപ്പോ നമ്മളുടെ ഉള്ളിൽ ഒരു തെളിച്ചുണ്ടായി ശാന്തി ആ ശാന്തിക്ക് ആഫ്റ്റർ ഇഫക്ട് ഇല്ല വേണമെങ്കിൽ ആ ശാന്തി അനുഭവിച്ച ശേഷം പിന്നൊന്നും കുഴപ്പമില്ല സുഖമായിരിക്കും പ്രസന്നമായിരിക്കും അന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി കടന്നാൽ സുഖമായിട്ട് ഉറങ്ങും മറ്റേത് വയർ നിറച്ച് കുമ്പീർപ്പിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങിയാൽ കവിന്ന് കിടക്കാൻ വയ്യാന്നാണ് വയറ് കടിക്കണോ വേണ്ടാത്ത ആഹാരമൊക്കെ കഴിച്ചു രാത്രി എന്തൊക്കെയോ സ്വപ്നം തലയുടെ മേലെന്ന് വീഴണ പോലെയും ഭൂതം പിടിക്കണ പോലെയും ഒക്കെ എന്താ കാര്യം വേറൊന്നുമില്ല വേവാത്ത് ഉരുളക്കിഴങ്ങ് ഓർത്തി ഉള്ളു പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത് ഉള്ളിലേക്ക് വിഴുങ്ങിയപ്പോ ഈ ഉരുളക്കിഴങ്ങാണ് രാത്രി കണ്ണുരുട്ടി നോക്കണത് സ്വപ്നത്തിൽ വന്നിട്ട് ഇതാണ് സുഖത്തിന്റെ ആഫ്റ്റർ ഇഫക്ട് സുഖം ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ത്യാഗം ചെയ്യുമ്പോ രസക്കണം ഒരാൾക്കോ കൊടുക്കുമ്പോൾ വിശപ്പോടെ വന്നിരിക്കുന്നു മനുഷ്യന് പോലും വേണ്ട ഒരു നായക്ക് കൊടുത്താലും പോകും മനുഷ്യൻ പോലും ചിലപ്പോൾ അങ്ങനെ നന്ദി കാണിക്കില്ല വിശന്നുകൊണ്ട് വരുന്ന ഒരു നായക്ക് ഇല വെച്ചിട്ട് അതിന് കൊടുത്താൽ ഭൂതേഷു പ്രയച്ചതി ഒരു ഭൂതത്തിന് ഒരു അന്നം കൊടുക്കണം അതിനകത്തിരുന്ന് ഭൂതാത്മാ വിശ്വഭുക് വിശ്വബുക്കായിട്ടുള്ള ഭൂതാത്മാവ് അതിനകത്തിരുന്ന് ഭുജിക്കണം അതിന്റെ അംഗങ്ങൾ മുഴുവൻ ചലിപ്പിക്കും ആ നയ വാലും തലയും ഒക്കെ ആട്ടി സന്തോഷിച്ച് തുള്ളിച്ചാടി ഒരു മനുഷ്യനിങ്ങനെ കൊടുത്താൽ ഓണ് കഴിക്കുക ഭിക്ഷക്കാർക്ക് കൊടുത്താൽ പോലും കഴിക്കില്ല അതൊക്കെ കഴിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെയും പണം കിട്ടുമോ നിൽക്കും നമ്മൾ മനുഷ്യരാകുമ്പോൾ അല്ലെ പട്ടിക്ക് ഒരു നായിക്ക് കൊടുക്കുമ്പോൾ അതിങ്ങനെ സന്തോഷമായിട്ട് തിന്നണതും കണ്ട് സന്തോഷിക്കാം അതിന് ആ നായിനെ പിടിച്ച് വീട്ടിലൊന്നും വളർത്തണ്ട തെരുവിൽ പോണ നായിക്ക് വിളിച്ചു കൊടുത്താൽ മതി അതിന്റെ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ പിടിച്ചു ഈ ത്യാഗം ചെയ്യുമ്പോൾ സർവീസ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം അതിന് പുറകിൽ ബുദ്ധി വേണം വിചാരശക്തി വേണം വിതൌട്ട് ഇന്റലിജൻസ് ലവ് ഇസ് ഡെയിഞ്ചറസ് നായിനോട് സ്നേഹമാണ് നായിനെ പിടിച്ച് വീട്ടിന്റെ ഉള്ളിൽ എ സി റൂമിന്റെ ഉള്ളിൽ പൂട്ടിവെക്കുകയാണ് അത് പാവം ജനൽ കൂടെ തെരുവ് നായ്ക്കളെയൊക്കെ നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരിക്കും ഈ തെരുവ് നായ ഗംഭീരമായിട്ട് ഗേറ്റിന് മുമ്പിൽ വന്ന് ഇതിനെങ്ങനെ നോക്കിയിട്ട് പോകും ഇത് ഉള്ളിലിരുന്ന് കുരത്തുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യമൊന്നും പിടിച്ചു വെക്കണ്ട അതിന് ഭക്ഷണം കൊടുത്താൽ നമ്മളെ നമ്മൾ അനുഭവിക്കുന്നതിന് പകരം ഒരു പ്രാണി അനുഭവിക്കുന്നു ആരോ അനുഭവിക്കണം അത് കണ്ടിട്ടൊരു സന്തോഷം ത്യാഗാത് ശാന്തി ത്യാഗം മെനക്കിട്ട് പഠിക്കണം ഭോഗം സ്വതസിദ്ധമാണ് സാധന എന്ന് പറഞ്ഞാൽ സാധന എന്താന്ന് വെച്ചാൽ നമ്മളുടെ നേച്ചറിന് അതായത് പ്രകൃതിക്ക് അഹങ്കാരത്തിന് വിപരീതമായ യാത്രയാണ് സാധന നമ്മളിൽ ഈ ഭോഗവാസനയൊക്കെ എവിടുന്ന് വന്നു മൃഗങ്ങളിൽ നിന്ന് വന്നതാ അതാണ് ഈ മൃഗീയത മൃഗീയത എന്ന് പറയണമല്ലോ അത് കഴുകിക്കളേണ്ടതാണ് മനുഷ്യന്റെ ജീനിൽ നോക്കിയാല് എല്ലാ മൃഗങ്ങളുടെ അംശം ഉണ്ടത്ര ആധുനിക ശാസ്ത്രം അതൊക്കെ പറയണോ പറഞ്ഞു തുടങ്ങിയിരിക്കണോ അവര് മനുഷ്യന്റെ ജീനിൽ നോക്കിയാല് എല്ലാ മൃഗങ്ങളുടെയും അംശ ഉണ്ടെന്നാണ് ഇനി അതൊക്കെ നാളെ നിരൂപ എത്ര കണ്ട അതിലൊക്കെ ഗവേഷണം ചെയ്യുമോ എന്ന് അറിയാൻ വയ്യ പക്ഷേ നമുക്ക് ചിലരൊക്കെ നോക്കിയാൽ കാണാം അവരുടെ നോട്ടം കണ്ട അവരെന്താണെന്ന് മനസ്സിലാവും അവര് പെരുമാറുന്നത് കണ്ട എന്താണെന്ന് മനസ്സിലാവും ചിലർ കുരയ്ക്കും ചിലർ കൊഞ്ഞനും കാണിക്കും എല്ലാം കാണാം സ്വഭാവമൊക്കെ മനുഷ്യരുടെ മനുഷ്യരിൽ കാണുന്ന സ്വഭാവമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നായ്ക്കളെയൊക്കെ പഠിച്ചാൽ കാണാം ഇവരൊക്കെ മനുഷ്യരാണെന്ന് തോന്നും നമുക്ക് അവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ചില നായ്ക്കളൊക്കെ പെരുമാറണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരൊക്കെ മനുഷ്യനാണെന്ന് തോന്നും അത് അവര് മനുഷ്യനായതുകൊണ്ടല്ല അവരുടെ ഗുണം മനുഷ്യനിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ തമാശായിട്ട് പറയണതല്ല ഇതൊക്കെ ഉണ്ട് നമ്മളിൽ അതായത് ഈ പ്ലഷർ സീക്കിംഗ് സെന്റർ ഉണ്ടല്ലോ എന്തോന്ന് കിട്ടണം കിട്ടണം സുഖിക്കണം അത് തന്നെയാണ് മൃഗം അത് മനുഷ്യനിൽ വരുന്തോറും അതിന്റെ ബലം കുറയാണ് കുറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് മനുഷ്യത്വം എന്ന് പറയണത് ഒരു അമ്പത് ശതമാനം മൃഗവും അമ്പത് ശതമാനവും മനുഷ്യനും ആവുമ്പോഴാണ് അത് സത്സംഗത്തിലൊക്കെ രുചി ഉണ്ടാവണം അതുവരെ ഉണ്ടാവില്ല ഒരു അമ്പത് ശതമാനം മൃഗം അല്ലെങ്കിൽ നാൽപ്പത്തിയൊമ്പത് ശതമാനം മൃഗവും ചിലരൊക്കെ ജനിക്കുമ്പോ ഒരു ശതമാനം മനുഷ്യനും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മൃഗവുമായിട്ട് മനുഷ്യരൂപത്തിൽ ജനിക്കും അവനും മനുഷ്യൻ തന്നെയാണ് നമ്മളുടെ കണക്കനുസരിച്ച് പോപ്പുലേഷൻ കണക്കനുസരിച്ച് അയാളും മനുഷ്യനാണ് ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്ന് ഈ സ്വാർത്ഥതയുടെ അളവ് കുറയുന്തോറുമാണ് മനുഷ്യത്വം കൂടണതേ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമല്ല മൃഗത്വം കുറയലാണത് മനുഷ്യ എന്ന് പറഞ്ഞ ഒരാളില്ല അത് നമ്മൾ പിന്നീട് കാണാം ഒരു അമ്പത്തിയൊന്ന് ശതമാനം മനുഷ്യത്വം വരുമ്പോ അതായത് നാൽപ്പത്തൊമ്പത് ശതമാനമായി മൃഗത്വം കുറയുമ്പോഴാണ് പതുക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ സത്സംഗത്തിലൊക്കെ എത്തി നോക്കാനൊക്കെ തുടങ്ങണം നമ്മൾ എന്താ അവിടെ നടക്കണോ എന്നിട്ട് ഒരു കമന്റ് മേടിച്ചിട്ട് പോവും ആളുകൾ പണിയില്ലാതെ വേറെ ഒരു പണിയില്ലാതെ ഇരിക്കുകയാണെന്ന് പക്ഷെ ആ പറയണതിന്റെ നടുവ് കൂടെ ഇവരുടെ ചെവിയിൽ എന്തോ രണ്ട് വാർത്ത വീഴും അതിങ്ങനെ ഉള്ളിൽ എവിടെയോ പോയിട്ട് നല്ല കർക്കിടക മാസത്തില് മഴ പെയ്തിട്ട് നിറഞ്ഞ കിണറിന്റെ ഉള്ളിലേക്ക് കല്ല് വീണ കുറെ നേരം കഴിഞ്ഞ് അടിയിൽ പോയിട്ട് സ്പർശിക്കുവല്ലോ അതുപോലെ ഇവിടുന്ന് പോയിട്ട് ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം രണ്ടു ദിവസം മുമ്പ് എന്തോ പറഞ്ഞല്ലോ അപ്പോഴാണ് ഉള്ളിൽ പണി അത് പ്രവർത്തിക്കുന്നത് പ്രോസസ് പതുക്കെ പതുക്കെ പതുക്കെ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ ആവുമ്പോ നമ്മൾ ഇരിക്കും ഇരുന്നിട്ട് ഉറങ്ങും ഉറങ്ങുന്നത് മൃഗത്തിന്റെ അംശം എത്രയുണ്ടോ അതിനനുസരിച്ചാണ് ഈ ഉറക്കം അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ തുടങ്ങണം ഒരു എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ആവുമ്പോൾ ഈ പറയണതൊക്കെ ചെയ്യണം ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ആവുമ്പോഴാണ് കണ്ണീര് വരികയും ഭക്തി വരികയും സത്സംഗം വേണമെന്നൊക്കെ ചെയ്യണം നൂറ് ഒരാളിൽ മൃഗം പോയാൽ പിന്നെ അയാള് മനുഷ്യനല്ല ഭഗവാനാണ് ഭഗവാനിൽ ഒരു മൃഗാംശം കൂട്ടുമ്പോഴാണ് മനുഷ്യരുണ്ടാവണത് മൃഗം എന്ന് പറയണത് ഒരു പ്രത്യേക മൃഗത്തിനെയല്ല പറയണത് സ്വാർത്ഥത സുഖിക്കാനുള്ള ആഗ്രഹം അപ്പൊ സുഖിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ എന്തിനാ ജീവിക്കണം സുഖത്തിനേക്കാളും വലുതൊന്നുണ്ട് അതാണ് ഭഗവാൻ ഇവിടെ ശാന്തി എന്ന് പറഞ്ഞത് അതിനെയാണ് ജ്ഞാനികൾ ആനന്ദം എന്ന് പറയണത് ആനന്ദം എന്ന് പറയണത് എക്സൈറ്റ്മെന്റ് അല്ല സുഖമല്ല അത് പ്ലഷറല്ല നിറഞ്ഞ അനുഭവം പൂർണ്ണ അനുഭവം അതിൽ പോക്ക് വരവില്ല ഈ സുഖത്തിലൊക്കെ പോക്ക് വരവുണ്ട് സുഖിച്ചാൽ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട് പിന്നാലെ ദുഃഖം വരും സുഖത്തോടുകൂടെ മാത്രം ആർക്കും ഇരിക്കാൻ പറ്റില്ല എത്ര കണ്ട് സുഖിക്കണോ അതിനനുസരിച്ച് ദുഃഖം അപ്പോ സുഖം അനുഭവിക്കാൻ ആരും പഠിക്കണ്ട പക്ഷെ സുഖത്തിനെ ത്യജിക്കാൻ നമ്മൾ മെനക്കെട്ട് പഠിക്കണം ആ മെനക്കെട്ട് പഠിക്കലാണ് സാധന അതിന് മെനക്കെടേണ്ടി വരും നമ്മളിപ്പോ ചേറിലിരിക്കണു നമുക്ക് അത്യാവശ്യം ചുവട്ടിലിരിക്കാവുന്നതാണ് ആരോ ഒരാൾ നടക്കാൻ വയ്യാതെ ഒരാൾ വന്നു ഇരിക്കാൻ വയ്യാതെ വന്നു എന്നുവെച്ചാൽ വേറെ ഒരു ചേർ ഒഴിവില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരു ചേറെങ്കിലും കൊണ്ടുവന്നിടാം എന്നാലും വേണ്ടില്ല ഇന്ന് എഴുന്നേറ്റ് കൊടുക്കാതിരിക്കാം ആ ഒരു തോന്നലുമ്പോ നമുക്കൊരു ചെറിയ വിഷമം നമ്മൾ നമ്മളുടെ സുഖത്തിനെ ത്യജിക്കുകയാണ് പക്ഷെ കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുന്ന ഒരു സുഖം കണ്ടപ്പോ നമ്മളൊരു സുഖം വരണ്ടല്ലോ അതാണ് ത്യാഗാത് ശാന്തി പക്ഷേ നമ്മൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടല്ലോ അത് കാരണം അതിനിക്ക് വോട്ടിടാൻ കുറെ കഷ്ടമാണ് അതാണ് നമുക്ക് വേണ്ടതെന്ന് പറയാൻ കുറെ പിടിക്കും ഒബ്സർവേഷൻ വേണം ബസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോ സീറ്റ് കിട്ടി നേരെ കയറിയിരുന്നു അപ്പൊ നോക്കണു കാലില്ലാത്ത ഒരാൾ വന്ന് നിൽക്കണു ഇരിക്കാൻ കൊടുക്കണോ വേണ്ടയോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം കണ്ടില്ല അല്ല പാവം നമ്മളുടെ മുത്തശ്ശനെ പോലെ ഉണ്ട് എഴുന്നേറ്റ് കൊടുത്തല്ലേ തോന്നി തോന്നിയപ്പോ ബുദ്ധി ഉണ്ടല്ലോ ബുദ്ധി എപ്പോഴും സ്വാർത്ഥതയ്ക്ക് കൂട്ടു നിൽക്കും ബുദ്ധി പറഞ്ഞു നീ ഇപ്പൊ എഴുന്നേറ്റ് കൊടുക്കും അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവും ഒരു ഉറുപ്യ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് നീ എഴുന്നേറ്റ് കൊടുത്ത് എന്റെ സീറ്റും പോവും അയാളും ഇറങ്ങിപ്പോവും വേറെ ഇങ്ങനെയൊക്കെ പറയും ബുദ്ധി അപ്പൊ എന്തൊക്കെയായാലും വേണ്ടില്ലേ ആ പാവം വിഷമിക്കണമല്ലോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാൻ കൊടുത്ത കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സുഖിച്ചൊക്കെ ശരി പക്ഷെ അതേ തോന്നൽ ഉള്ളിൽ കുറു കുറു കുറു കുറു ൾ നിൽക്കണോ പാവം നിൽക്കണു പാവം നിങ്ങൾക്ക് തോന്നാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം വരണില്ല ഇത് ആലോചിച്ചാൽ ഇതൊക്കെ ഒത്തിരി അതായത് ഒരു മൃഗ ഒരു നാൽപ്പത് ശതമാനം വരെയൊക്കെ കുറഞ്ഞ ആളുകൾക്കേ തോന്നുള്ളൂ മറ്റുള്ളവർക്ക് ഒരു വിഷമില്ല ഇത്തിരി മാറിത്തരൂ എന്ന് പറഞ്ഞാൽ പോലും ഓട്ടോയിൽ പോണേ നടക്കാൻ വയ്യ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല സീറ്റ് ഉള്ളതിലേ കയറാൻ പാടുള്ളൂ എന്ന് പറയും ധൈര്യമായിട്ട് പറയും ഇതിരി കോൺഷ്യൻസ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ മനസ്സാക്ഷി കുത്തൊക്കെ ഉള്ള ആളുകളാണ് പറയണത് വിഷമിക്കുക രാത്രി പോയി കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല അതേസമയം ഇരിക്കാൻ കൊടുത്തിട്ട് പോയാൽ വീട്ടിൽ പോയിട്ട് അവര് ഇരുന്ന സ്വസ്ഥത കണ്ടപ്പോ നമുക്കൊരു സുഖം അന്നത്തെ ഉറക്കത്തിനൊരു ഒരാഴുണ്ട് അതാണ് പതുക്കെ പതുക്കെ ത്യാഗം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതുണ്ടല്ലോ എളുപ്പമൊന്നുമല്ല എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹാബിറ്റ് മുഴുവൻ അതിനെ എതിർക്കും നമ്മളുടെ ഹാബിച്വൽ മൈൻഡ് നമ്മളുടെ അഹന്ത എതിർക്കും അതിനെ അത് പറയാ എന്തിനു വേണ്ടി ഞാൻ കൊടുക്കണം സമ്മതിക്കില്ല അത് അപ്പോഴാണ് അതാണ് തപസ്സെന്ന് പറയുന്നത് തപസ്സ എവിടെയാണോ എന്താണ് നമ്മളുടെ വിപരീതീകരണമാണോ ഇവിടെ പിടിക്കണതിന് പകരം വിട്ടുകൊടുക്കുകയാണ് വേണമെന്ന് പറയണതിന് പകരം വേണ്ട എന്ന് പറയുകയാണ് വാങ്ങിക്കണതിന് പകരം കൊടുക്കുകയാണ് ഇങ്ങനെ ഒരഭ്യാസം ഭക്തിയുടെ ഏറ്റവും ഹൃദയസ്ഥാനമാണത് ഭക്തിയുടെ ഹൃദയമാണത് ഈ ത്യാഗമാണ് ഒരാളെ ഭക്തനാക്കണത് ത്യാഗം കൊണ്ടാണ് ഭഗവാൻ ഒരു ഭക്തന്റെ അടുത്ത് പ്രസന്നനാവണത് ഭഗവാൻ എങ്ങനെ പ്രസന്നനാവണോ എവിടെയോ ഇരുന്നിട്ടല്ല നമ്മൾ കൊടുത്തുവല്ലോ അയാളുടെ ഹൃദയത്തിൽ തന്നെ പ്രസന്നനാണോ ഭഗവാൻ അയാൾ നോക്കി ചിരിച്ചില്ലേ സന്തോഷിച്ചില്ലേ കപില ഭഗവാൻ ഭാഗവതത്തിൽ പറയണു അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയാ അഭിന്നേന ചക്ഷുഷ ഞാൻ സർവപ്രാണികളുടെ ഉള്ളിലും ഇരിക്കണം അങ്ങനെ എനിക്ക് ദാനമാനാഭ്യാം പൂജയേത് എന്നാണ് ദാനം എന്താ വിശന്നുകൊണ്ടുവരുമ്പോ ഭക്ഷണം കൊടുക്കാം ദാനം പൂജയേത് എന്ന് പറഞ്ഞാൽ ഉടനെ ആളെ പിടിച്ചിരുത്തിയിട്ട് പുഷ്പമിട്ടിട്ട് പൂജിക്കലല്ല അങ്ങനെയൊക്കെ പൂജയുണ്ട് അല്ലേ പാർവതി പരമേശ്വരന്മാരായി ദമ്പതി പൂജ ചെയ്യും സാധാരണ ദരിദ്ര ബ്രാഹ്മണരെ രണ്ടുപേരെ വിളിച്ചിരുത്തിയിട്ട് പാർവതി പരമേശ്വരന്മാരായി ഉമാമഹേശ്വര പൂജയായിട്ട് ചെയ്യും പൂജ ചെയ്യുമ്പോ മന്ത്രമൊക്കെ പറയും അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ആ ദാരിദ്ര്യത്തോടെ ഇരിക്കണം അവർ രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ വക കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം എന്നാൽ നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അത് അവരുടെ ദാമ്പത്യത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാവുന്നത് അങ്ങോട്ട് കൊടുത്താൽ ഭഗവാൻ പ്രസന്നനായി നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയേക്കാം അലൗഡാണെങ്കിൽ അത് അതാണ് ഇതിന് പുറകിലുള്ള ശാസ്ത്രം ഈ ദമ്പതി പൂച്ചയ്ക്ക് അത് രണ്ടുപേരെ വിളിച്ചു വരുത്തി ആ ഒരു പുരോഹിതൻ വന്നിരുന്നു ഉമാ മഹേശ്വരാഭ്യാം നമഹാം വാങ്ങോ വരങ്ങോ പാവങ്ങളെ വിളിക്കുകയാണേ ഇരിക്കൂ എന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് അതിൽ ദക്ഷിണ പറഞ്ഞ് എന്തോ ഒന്ന് കൊടുത്തിട്ട് നാല് ചീത്തയും പറഞ്ഞ് പറഞ്ഞയക്കും അവര് കരഞ്ഞുകൊണ്ടേ പോകുമ്പോ ഇതിന്റെ മർമ്മ അറിഞ്ഞാൽ രഹസ്യം അറിഞ്ഞാൽ ഈ മന്ത്രം ഒന്നും വേണ്ട നിങ്ങൾ അറിഞ്ഞു കൊടുത്താൽ മതി ഈ മന്ത്രവും പൂവിടലും ഒന്നും വേണ്ട നേരെ വിളിച്ച ഈ പൂവിടൽ മന്ത്രമൊക്കെ സിമ്പലൊക്കെ നമുക്കൊരു വിശ്വാസത്തിനും ഭക്തിക്കും ഭഗവാൻ അതിനകത്ത് ഇരിക്കണമെന്നുള്ള ഒരു ഭാവം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിച്ചിരിക്കണത് ഇതൊക്കെ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നമ്മള് രാവിലെ എണീറ്റിട്ട് ആളുകളെ പിടിക്കാൻ നടന്ന ആ പൂജക്ക് എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മണിയെടുത്തിട്ട് നടന്നു ഇട എവിടെയോ അത്യപകടമായ ഒരു പൂജ കണ്ടു ഞാൻ തലയിൽ നാളീയരോടക്കുക നേർച്ചയാണത്രേ നിങ്ങളുടെ തലയിൽ നാളികേരം ഉടയ്ക്കാൻ ഞാൻ നേർന്ന എങ്ങനെയുണ്ടോ എന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രസന്നാക്കാൻ അത് ഭംഗിയായിട്ട് ഉടയ്ക്കണമുണ്ട് ആ പൂജാരി ഒന്നും കുഴപ്പമാവാതെ ഞാൻ വിചാരിച്ചു ഇതിന്റെ പുറകിൽ ഒരു ലോജിക്കും പിടികിട്ടില്ല വരി വരിയായിട്ട് ആളുകളെ ഇരുത്തിയിട്ട് നാളികേരം തലയിലേ ടക്ക ടക്ക ടകടക്കന്ന് ഉടച്ചോണ്ട് പോവുകയാണ് ഞാൻ ഒരേ ഉക്തി തോന്നിയത് ഇവരുടെ തല അതിനേക്കാളും ബലമുള്ളതാണ് ഇങ്ങെങ്ങനെയാ അവിടെയാതിരിക്കണം അപ്പോ ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞ് പൂജ ചെയ്യാൻ പറഞ്ഞാൽ കുടംകുടമായിട്ട് ആയിരത്തെട്ട് കുടം അഭിഷേകം നേർന്നു നിങ്ങളുടെ തലയിൽ അങ്ങനെയൊക്കെ ചെയ്തോ ശേഷാദ്രി സ്വാമികളെ വാർദ്ധക്യകാലത്ത് പിടിച്ചിരുത്തിയിട്ട് കുടംകുടമായി തലയിൽ അഭിഷേകം ചെയ്ത ഒരാൾ എന്താ ചെയ്യണം ചോദിച്ചാൽ അദ്ദേഹം നടമാടുന്ന ശിവനാണെന്ന് സ്വാമികൾക്ക് ജലദോഷം പിടിച്ചു അതു തൊട്ട് തന്നെ വ്യാധിയായി അബൈദാന സ്വാമിയുടെ ചരിത്രത്തിലുണ്ട് എവിടെയോ പോയപ്പോ ഭക്തന്മാര് ഭജനയ്ക്ക് കൂട്ടിക്കൊണ്ടു എല്ലാ വീട്ടിലും പാല് കുടിച്ചു എന്നാണോ സ്വാമി ഭക്തന്മാര് കൊടുത്തു അവർക്ക് പാവം വിഷമം ഓരോ വീട്ടിലും ഭക്തന്മാരും കുറച്ച് കുറച്ച് പാല് കുടിച്ചു ഈ കൂടെ നടക്കുന്നവരെ ആശ്ചര്യ ഇത് എന്താ സ്വാമി കാണിച്ച പാലിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കോ കുടിച്ചുണ്ട് എങ്ങനെയാണെങ്കിൽ ഓരോ ശരീരത്തിലുമുള്ള ഭഗവാൻ സന്തോഷപ്പെടുമോ അങ്ങനെ അറിഞ്ഞു ചെയ്യാൻ വിജ്ഞാനം വേണം ഭക്തിക്ക് പുറകില്ല ഇന്റലിജൻസ് വേണം അപ്പോഴാണ് അത് പരാഭക്തിയാവണത് വിശന്നുകൊണ്ടുവരുന്ന ആൾക്ക് ഭക്ഷണം വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം ഒന്നുമില്ല ഒരാളെ കണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ മതി മാനാഭ്യാം ഒരു ഗൗരവമൊന്നും കാണിക്കാതെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹമായിട്ട് ഒന്ന് ചിരിച്ചാൽ എങ്ങനെ ഒരാൾ സന്തോഷിക്കുമോ അതാണ് അയാൾക്ക് പൂജ രാമാനുജാചാര്യരുടെ കഥയിൽ വളരെ വിചിത്രമായ ഒരു ഇൻസിഡന്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അതൊക്കെ പറയാം ശ്രീരാമാനുജന് അനേക ശിഷ്യന്മാരുള്ളപ്പോ രാമാനുജന്റെ അടുത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ വന്നു വയസ്സായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അവിടുത്തേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കൈങ്കരീം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നോ അപ്പൊ രാമാനുജൻ പറഞ്ഞു അങ്ങ് ത്രിവൃദ്ധനാണ് വയസ്സുകൊണ്ട് വൃദ്ധനാണ് അറിവ് കൊണ്ട് വൃദ്ധനാണ് അനുഭവം കൊണ്ട് വൃദ്ധനാണ് അങ് എനിക്കെന്ത് കൈങ്കരും അദ്ദേഹം പറഞ്ഞു എന്നെ എന്നെ തള്ളിക്കളയരുത് അവിടുത്തേക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം കൈകാര്യം ചെയ്യാൻ കേട്ടോ രാമാനുജൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലാണോ ഞാൻ സന്തോഷിക്കാം അത് ചെയ്യണം എന്നല്ലേ അതെ അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം പറയാൻ ചെയ്യോ അവിടുത്തെ ആജ്ഞ എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു കുറേ ദിവസമായിട്ട് ഞാൻ ആശിക്കണോ ഏതെങ്കിലും ഒരു ബ്രാഹ്മണന് ദിവസം രംഗനാഥന് പൂജ കഴിച്ചിട്ട് ഒരു ബ്രാഹ്മണനെ ഇരുത്തി പാദപ്രക്ഷാളനം ചെയ്ത് പാദപൂജ ചെയ്ത് നമസ്കരിച്ചിട്ട ശേഷമേ എന്റെ ഭിക്ഷ കഴിക്കാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കാം പക്ഷെ ഞാൻ സന്യാസിയായതുകൊണ്ട് ആരും വന്ന് ഇരുന്നു തരണില്ല അതിനങ്ങ് വന്ന് ഇരുന്ന് തരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാവും അടുത്തുള്ള ശിഷ്യന്മാരൊക്കെ പേടിച്ചുപോയി ഒരു സന്യാസി ഒരു യധിപതിയൻ അദ്ദേഹത്തിന് ആരെങ്കിലും ഇരുന്നു കൊടുക്കുമെന്നാണ് ആ ബ്രാഹ്മണൻ അതിനേക്കാളും എടുക്കാൻ അദ്ദേഹം പറഞ്ഞു അവിടുത്തേക്ക് അതുകൊണ്ട് സന്തോഷമാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് ദിവസം ചിട്ട പോലെ പൂജ കഴിഞ്ഞാൽ രംഗനാഥനെ ആരാധിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണൻ വരും ഗുരുവിന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കും അദ്ദേഹം ശിഷ്യന് പാതപൂജ ചെയ്യും ആ തീർത്ഥം ശിരസിലണിയും ആളുകളൊക്കെ ആലോചിച്ചിട്ട് എന്തു ഭക്തിയാണ് ഗുരു പാതപൂജ ചെയ്യണോ ശിഷ്യന് ഇരുന്നു കൊടുക്കണോ ഇങ്ങനെ ഒരു ഭക്തിയോ രാമാനുജനോട് തന്നെ പലരും പറയുകയും ഇതിനെക്കുറിച്ച് ചർച്ചകളും മറ്റുമൊക്കെ നടക്കുകയോ ഒക്കെ ചെയ്തു രാമാനുജനും ഒന്നും മണ്ടിയില്ല ആ ബ്രാഹ്മണനും മണ്ടിയില്ല രാമാനുജനും പൂജയാണ് അദ്ദേഹത്തിനും പൂജയാണത് കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം രാമാനുജൻ പതിവ് പോലെയുള്ള ഭിക്ഷയ്ക്ക് അവിടെ വരാതെ എവിടേക്കോ പോയി എവിടെയോ ആരുടെയോ വീട്ടിലെ സത്സംഗമൊക്കെ ആയി കുറെ കഴിഞ്ഞ് രാത്രി വരും തിരിച്ചു വരുമ്പോ ആ മഠത്തിന്റെ മുമ്പില് ഈ ബ്രാഹ്മണൻ നിൽക്കണുണ്ട് അവിടെ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കണുണ്ട് രാമാനുജൻ ചോദിച്ചു ചോയോ ഞാൻ മറന്നുപോയി അവിടുത്തെ കാര്യം ഇത്രയും നേരം അവിടുന്ന് ഇവിടെ നിൽക്കുകയാണോ രാവിലെ മുതൽക്ക് അദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്റെ കൈകരിയും കഴിയാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നാണ് ഇരുന്നു ഇരുന്നു കൊടുത്തു പാദപ്രക്ഷാപനം ചെയ്തു കാല് കഴുകി പ്രോക്ഷണം ചെയ്തു രാമാനുജൻ പറഞ്ഞു ഇതാണ് ഉത്തമ ഭക്തി എന്ത് ചെയ്യണമെന്നുള്ളതല്ല എങ്ങനെയാണെങ്കിൽ ഗുരുവിന് സന്തോഷമാവും അതാണ് അതുകൊണ്ടിപ്പോ എനിക്ക് പാപം വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതുന്നു കൊടുക്കണത് ഇതുകൊണ്ട് രാമാനുജന് സന്തോഷമാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി ഏതേത് ശ്രദ്ധ അതിനനുസരിച്ചാണ് സിദ്ധി എന്ന് ഒരാളെ സന്തോഷിപ്പിക്കുക പറഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള ഭഗവാനെ പ്രസന്നനാക്കുക എന്നുള്ളതാണ് അർത്ഥം ഓരോരു ദേവതയ്ക്ക് ഓരോന്ന് കണ്ടുപിടിച്ചു വെച്ചിട്ടില്ലേ നമ്മൾ കൃഷ്ണന് വെണ്ണ കൊടുക്കണോ പാൽപായസം നെയ്തിക്കണു ഗണപതിക്ക് കുഴക്കട്ട കൊടുക്കണു അയ്യപ്പന് കടിച്ചാ പൊട്ടാത്ത നെയ്യപ്പ ഉണ്ടാക്കി കൊടുക്കണോ അയ്യപ്പൻ അവതരിച്ച കാലത്ത് ഉണ്ടാക്കിയാലും ഇപ്പോഴും കേടുവരില്ല അങ്ങനെന്താ നെയ്യപ്പാണ് ദുഃഖിപ്പോ ആര് കണ്ടുപിടിച്ചു എന്ന് അറിയില്ല പക്ഷെ നമ്മള് പറയുന്നു ഇന്നന്ന ദേവതയ്ക്ക് ഇന്നത് എന്ന് പറയണ പോലെ ഓരോ രൂപത്തിൽ വരുന്ന ഭഗവാന് ഓരോ രീതിയിൽ ആരാധിക്കണം ആരാധന അറിയാനുള്ള ചാതുര്യമാണ് ഭക്തി ഹൃദയമുണ്ടെങ്കിൽ അറിയും ഹൃദയമുണ്ടെങ്കിൽ ആർക്ക് എന്താ വേണ്ട എന്ന് വെച്ചാൽ അറിയും അറിഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ ആ ഭക്തി അന്തര്യാമി ആധാ ആരാധനയാണ് അന്തര്യാമിയെ ആരാധിക്കുകയാണ് ഓരോരു ശരീരത്തിനകത്തും ഭൂതാത്മാവായിരിക്കുന്ന ഭഗവാനെ പ്രസന്നനാക്കണത് നമ്മൾ കാണും അന്തര്യാമി ആരാധനയാണ് അത്തരത്തിലുള്ള ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഭഗവാനിവിടെ പറയണത് लक्षण भगवान पर काण नौका अदेष्टा सर्वूता मैत्र करुण निर्मो निरहंकार समदुखसुखक्ष सतत योगी यता दृढ़ मय्य मनो बुद्धि यो मे प्रियभूता അദ്വേഷ്ടാ സർവഭൂതാനാം ആദ്യത്തെ ലക്ഷണം ദ്വേഷം ഇല്ല ദ്വേഷമില്ലെങ്കിൽ രാഗവും ഇല്ല രാഗമുണ്ടെങ്കിൽ ദ്വേഷുണ്ടാവും ഭഗവാൻ ഈ ഭക്തലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ധർമ്മ്യാമൃതം എന്നാണ് അതിന് വിശേഷണം കൊടുക്കുന്നത് ധർമ്മത്തിനെ അറിഞ്ഞവന് മാത്രമേ രാഗദ്വേഷത്തിനെ നീക്കാൻ പറ്റുകയുള്ളൂ രാഗദ്വേഷം പോയ ആൾക്ക് മാത്രമേ ധർമ്മം ചെയ്യാനും ഒക്കുള്ളൂ ധർമ്മം എന്താന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് ഹിതം അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ധർമ്മം എന്താണോ എനിക്ക് പ്രിയം അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ധർമ്മം ചിലപ്പോൾ അധർമ്മയാം ചിലപ്പോൾ നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് തിരി കുടിക്കാൻ ചായയോ കാപ്പിയോ തരണം എന്ന് എനിക്ക് തോന്നി അത് ധർമ്മം ചിലപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാവും ധാരാളം പഞ്ചസാര ഇട്ടിട്ട് കുടിക്കൂ എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് പഞ്ചസാര കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടം കൊണ്ട് തരില്ല കുടിക്കുമെന്ന് ഇഷ്ടമാണ് അപ്പൊ ധർമ്മം ധർമ്മം ആണ് സ്നേഹം സ്നേഹം എന്നുള്ളത് വികാരമല്ല നമ്മളത് ജീവിച്ച് പഠിക്കും ധർമ്മം അപ്പൊ നമ്മൾ ത്യാഗം പറഞ്ഞുവല്ലോ ത്യാഗം എന്നുള്ളതും ഡെലിബറേറ്റ് ആണ് അഭ്യസിച്ചെടുക്കണം നമ്മളുടെ സ്വാർത്ഥത അതിന് സമ്മതിക്കില്ല നമ്മളുടെ സ്വാർത്ഥത എപ്പോഴും പറയും എന്തിനാ കൊടുത്തിട്ട് എന്തായി സാധാരണ ആളുകൾ പറയണ വാക്കാണ് ലോകത്തിനു വേണ്ടി ജീവിച്ചു ഇപ്പൊ എന്ത് കണ്ടു ചില ആളുകളെ കുറിച്ച് പറയും എന്ത് കണ്ടു എല്ലാം കൊടുത്തു പോയി എന്ത് കണ്ടു പട്ടണത്ത് സ്വാമികൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി ഒരു ദിവസം വൈരാഗ്യം വന്നു എന്താന്ന് വെച്ചാൽ താൻ വളർത്തിക്കൊണ്ടുവന്ന മകൻ ബിസിനസ്സില് പൊളിഞ്ഞിട്ട് വന്നു നല്ല മുത്ത് വിൽക്കാൻ പോയിട്ട് മറ്റു മുത്തുവ്യാപാരികളൊക്കെ ധാരാളം ബിസിനസ് ചെയ്തിട്ട് വന്നു ഈ കുട്ടി മുത്തു വിൽക്കാൻ പോയിട്ട് മറ്റു വ്യാപാരികളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മകനെ കച്ചവടം അറിയില്ല ചെട്ടിയാരു വംശത്തിൽ ഇങ്ങനെ ഒരു കുട്ടിയോ മുത്തുവിറ്റിട്ട് അവൻ എന്താ കൊണ്ടുവന്നിരിക്കണം അറിയോ ചാണക വരട്ടി ചാണക വരട്ടി അപ്പോ കുറേ ദിവസമായി മകനോട് വല്ലാത്ത അറ്റാച്ച്മെന്റാണേ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് മകൻ വന്നതും കെട്ടിപ്പിടിച്ചു ചുംബിച്ചു കണ്ണീർ വിട്ടു കൊണ്ടുവന്നിരിക്കുന്നത് ചാണകവരട്ടിയാണെന്ന് അറിഞ്ഞതും ദേഷ്യമെന്നും ദേഷ്യം വന്നിട്ട് നെല്വിളിക്കാൻ തുടങ്ങി നീയൊക്കെ ഈ വംശത്തിൽ ജനിച്ചവനാണോ തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് പറഞ്ഞ് ചാണക വരട്ടിയൊക്കെ എടുത്ത് ദേഷ്യമെന്ന് പറഞ്ഞേ ചാണക വരട്ടിയെടുത്ത് എറിഞ്ഞു എറിഞ്ഞതും ചാണക വരട്ടി പൊട്ടിയിട്ട് അതിനകത്തുന്ന നല്ല മരകഥ കല്ലുകൾ പുറത്തേക്ക് ചതറി എന്ന് വെച്ചാൽ അതൊക്കെ ഇതിനകത്ത് വെച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അത് കണ്ടതും പെട്ടെന്ന് സന്തോഷമായി മിനിറ്റുകൾക്കുള്ളിൽ വികാരങ്ങൾ മാറി മാറി മാറി മാറി മാറി ആദ്യം മകനെ കണ്ടില്ലെന്നുള്ള വിരഹദുഃഖം കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് ചാണക എന്ന് പറഞ്ഞപ്പോ ദേഷ്യം ചാണകം വരട്ടി വലിച്ചെറിഞ്ഞിട്ട് അത് പൊട്ടിയിട്ട് അതിന്ന് മരകതം വന്നപ്പോ സന്തോഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മകൻ എവിടെ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു പോകുമ്പോ മകനെ കാണാനില്ല ഭാര്യ എടുത്ത് ചെന്ന് ചോദിക്കുമ്പോ അവൻ എവിടെയോ പോയി ഒരു പെട്ടി തന്നിട്ട് പോയി പെട്ടി തുറന്ന് നോക്കുമ്പോ അതിലൊരു കത്ത് മാത്രണ്ട് കാതറ്റ ഊശിയും വാരാത് കാൺ കട ഈ സൂചി ഉണ്ടല്ലോ തുന്നണ അതിന് കാതെന്താ അതിന്റെ ദ്വാരമുള്ള വശമാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല ഈ സൂചി പോലും നിനക്ക് കൊണ്ടുപോവാൻ പറ്റില്ല മരിച്ചുപോയിട്ട് പിന്നെ എന്തിനായി കിടന്ന് ഈ എന്റെ മരകതം എന്റെ മുത്ത് എന്റെ വ്യാപാരം എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ മല്ലടിക്കണത് വിരക്തനായി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇട്ടിട്ട് പോയി ഒരു ക്ഷണത്തില് അയാളുടെ മാനേജർ വന്നിട്ട് ചോദിച്ചു ഇത്രയധികം സ്വത്തുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു എടുത്ത് തെരുവിലെറിയൂ എന്ന് പറഞ്ഞു ആരുടെ ഈ പേരിൽ എഴുതി വെക്കേണ്ടതെന്നാണ് എന്റേതാണെങ്കിലല്ല എഴുതി വെക്കാൻ എല്ലാം ഇട്ടറിഞ്ഞ് അവിടെ ഒരു അമ്പലത്തിൽ ചെന്നിരുന്നു പൊളിഞ്ഞ അമ്പലം തിരുവങ്ക രാജാവ് ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് വലിയ മുത്തുവ്യാപാരിയാണ് അരമനയിലേക്ക് മുത്തൊക്കെ വിൽക്കാൻ വരുന്ന ആളാണ് ഇടയ്ക്കിടയ്ക്ക് മുത്ത് പ്രസന്റേഷനൊക്കെ കൊണ്ടു കൊടുക്കും ഇൻകം ടാക്സ് കുറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് രാജാവ് ഈ വാർത്ത അറിഞ്ഞിട്ട് കാണാൻ വരികയാണ് രാജാവ് ചോദിച്ചു കഷ്ടം ഇങ്ങനെ ആയില്ലോ രാജാവ് വന്നിട്ട് നമസ്കരിച്ചു അപ്പോഴും കണ്ടില്ല കണ്ട പോലെ നടിച്ചില്ല കാൽമേൽ കാലിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് രാജാവ് വളരെ വിനയത്തോടെ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഇത്രയും അധികം കോടിക്കോടി സ്വത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കണമല്ലോ നിങ്ങൾക്ക് എന്ത് കിട്ടി ഇത്രയെല്ലാം വിട്ടിട്ട് വെച്ചു നീ നിൽക്ക് നാൻ ഇരുക്ക് എന്ന് പറഞ്ഞു ആരാ വലിയ പണക്കാരനായിരുന്നപ്പോ നീ ഗംഭീരമായിട്ട് സിംഹാസനത്തിലിരിക്കും ഞാൻ വന്ന് ഓച്ചാനിച്ച് സമയം ചോദിച്ച് ടോക്കൺ എടുത്തിട്ട് വന്ന് നിൽക്കണം ഇപ്പൊ എന്താ ഈ കഥമറിയില്ലേ നീ എന്നെ കാണാൻ വന്നിരിക്കണു എന്താ ആഗ്രഹമില്ലാത്തവൻ ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ആർക്ക് യാതൊരു ആഗ്രഹവും ഇല്ലയോ ഒന്നും നേടിയെടുക്കാനുള്ള ആഗ്രഹമില്ലയോ അവൻ സ്വതന്ത്രനാണ് ഒരിടത്തൊന്നും ഒന്നും സാധിക്കാനില്ല ചെറിയ ചെറിയ ചെറിയ ആദ്യം ഈ സ്വത്തൊക്കെ വിട്ടതിൽ സ്വാതന്ത്ര്യം വന്നു ഇനിയിപ്പോ എന്തുപടണം ലോകവാസന ഇടണം പണമൊക്കെ ഉപേക്ഷിച്ചു ഇനി ലോകവാസനയും വിട്ടാലേ സ്വതന്ത്രമാവുള്ളൂ മനുഷ്യന് ബാഹ്യത്യാഗം ചിലപ്പോ ചെയ്തു പോവും പക്ഷേ ഈ ആന്തരികമായ അഹന്തയുടെ ത്യാഗമുണ്ടല്ലോ നമ്മളെ കുറിച്ച് ആളുകൾ നല്ലത് പറയണം നമ്മൾ വലിയ ആളാണ് അത് എന്തൊക്കെയോ അഹമാനം ഇതൊക്കെ ചിലപ്പോ ഒത്തിരിത്തിരി പോണം സ്വാമികളെല്ലാം വിട്ടറിഞ്ഞ ആള് ഒരു കൊണകെടുത്ത് നടക്കണു വരമ്പല് തലയ്ക്ക് കൈയും വെച്ച് സുഖമായി കിടക്കാണ് അപ്പൊ രണ്ട് സ്ത്രീകള് വെള്ളം എടുക്കാൻ പോണം കൊടത്തിൽ കൊടവെടുത്തിട്ട് പോണ വഴിയിൽ ഒരു സ്ത്രീ പറഞ്ഞു മറ്റേവളുടെ അടുത്ത് എന്തോ കണ്ടു പട്ടണ സ്വാമികളാണ് ഓ എത്ര വലിയ ത്യാഗി അറിയോ എത്ര സ്വത്ത് ഉണ്ടായിരുന്നു എത്ര പണുണ്ടായിരുന്നു എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വരമ്പിൽ വന്ന് കിടക്കണമെന്നുണ്ടില്ലേ എല്ലാം വിട്ടിട്ട് ആ എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ തലയ്ക്കൊരു ഉയരം വേണം എന്നുള്ളത് ഇനിയും വിട്ടിട്ടില്ല എന്നാണ് തലയ്ക്ക് കൈ വെച്ചിട്ട് കിടക്കാണ് തലയ്ക്കൊരു ഒയരം വേണം എന്നുള്ളത് ഇനിയും വിട്ടിട്ടില്ല ഇവര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി സ്വാമികൾ കേട്ടു അദ്ദേഹം വിചാരിച്ചു അത്ര സാക്ഷാത് ജഗദീശ്വരി എനിക്ക് ഉപദേശിക്കാണ് വൈരാഗ്യം പൂർത്തിയാക്കാനായിട്ട് തലയിൽ നിന്ന് കൈയെടുത്തിട്ട് കടന്നു അപ്പൊ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ മറ്റേ സ്ത്രീ പറഞ്ഞു കണ്ടില്ലേ ഇപ്പോ സന്യാസം പൂർത്തിയായി തുറവറം പൂർത്തിയായി എന്താ തലയിലും കയ്യില്ല വെറും വരമ്പത്ത് തലയും വെച്ച് ശരിയാണ് സന്യാസം പൂർത്തിയായി പക്ഷെ ഇപ്പോഴും നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയണോ എന്നുള്ളത് കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കണ്ട മനസ് ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ രാഗദ്വേഷം സഹജമാണ് രാഗമുണ്ടെങ്കിൽ ദ്വേഷുണ്ടാവും ദ്വേഷമുണ്ടെങ്കിൽ രാഗണ്ടാവും ഇത് രണ്ടും പോയാലാണ് പ്രസന്നത ഉണ്ടാവുക രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈ എല്ലാം रागदुक्तुषयांद्रियमशीर विधेयात्म प्रसाद प्रसन्न चित रागद्वेश भक्त ने रागम अं द्वी अटाचमें वर्षमेंगति सुखम ത്തിൽ നിന്നും ദുഃഖമോ ഇത് രണ്ടും അഹങ്കാരത്തിന്റെ രണ്ട് കൊമ്പുകളാണ് നമ്മൾ പറഞ്ഞു അഹങ്കാരമാണ് സുഖത്തിനെയും ദുഃഖത്തിനെയും അനുഭവിക്കുന്നത് അഹങ്കാരം പോയാൽ സുഖമും പോയി ദുഃഖമും പോയി പിന്നെ ശാന്തിയാണ് സുഖദുഃഖങ്ങളെ കടന്ന് ശാന്തി നമ്മളുടെ സ്വരൂപമാണ് അതിനെ അനുഭവിക്കുക എന്നുള്ളത് തപസ്സാണ് ആദ്യമൊന്നും നമുക്ക് ഇഷ്ടാവില്ല നമുക്ക് സുഖവും ദുഃഖമാണ് വേണ്ടത് ശാന്തി അനുഭവിച്ച് ശീലിക്ക ഇൻപേഴ്സണൽ പ്ലഷർ നമുക്ക് ഈ പേഴ്സണൽ പ്ലഷറാണ് ഈ വ്യക്തി അഭിമാനത്തിനെ വെച്ചുകൊണ്ട് സുഖിക്കണം സുഖത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ദുഃഖം വരും ദുഃഖത്തിനെ പോലും ഈ അഹങ്കാരം തന്റേതാക്കി മാറ്റിയിട്ട് അതിലും ഒരു സുഖം കണ്ടെത്തും നാലുപേര് നമ്മളുടെ ദുഃഖത്തിനെ നാലുപേരോട് പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ വന്നുപോയല്ലോ എന്ന് പറയുമ്പോൾ ഒരു സുഖം ദ്വേഷം പോയാൽ ശാന്തിയായി വെറുപ്പില്ലെങ്കിൽ ഒന്നിനോടും വെറുപ്പില്ല ആരോടും വെറുപ്പില്ല എന്തുകൊണ്ട് വെറുപ്പില്ല വെറുക്കണ ആളില്ല ഉള്ളിൽ ആലോചിക്കും വെറുപ്പ് സാധ്യമല്ല ഭക്തന് വെറുപ്പ് സാധ്യമല്ല എന്താന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഭഗവാനേ ഉള്ളൂ എന്റെ ഹൃദയത്തിൽ മാത്രമല്ല എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനെ കാണുന്നവൻ ആരോ വെറുക്കും ഹിരണ്യകശിപുനോട് പ്രഹ്ലാദന് വെറുപ്പേയില്ല എന്തൊക്കെ ചെയ്തു എന്നിട്ടും വെറുപ്പില്ല ശാന്തമായിട്ട് നിൽക്കണം ആ ശാന്തിയുടെ മുമ്പിൽ ഹിരണ്യകശുപുവിന്റെ പവറൊക്കെ തോറ്റുപോയി നമ്മളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണോ വരിക ഒന്ന് പവർ ഒന്ന് പീസ് ശാന്തിയും ശക്തിയും സാധാരണ ആളുകള് ശക്തിയുടെ ടെംപ്ടേഷനിൽ വീണു നമുക്ക് പവറാണ് വേണ്ടത് സ്ഥാനം മാനങ്ങൾ ബഹുമാനം പേര് പ്രസിദ്ധി പണം അതൊക്കെ വേണോ അതൊക്കെ കിട്ടും പക്ഷെ ശാന്തി കിട്ടില്ല ശാന്തി വേണോ എനിക്കിതൊന്നും വേണ്ട പക്ഷെ ശാന്തിക്ക് അതിന്റേതായ ഒരു പവറുണ്ട് ആ പവറാണ് നമ്മൾ പ്രഹ്ലാദനിൽ കാണുന്നത് ഹിരണ്യകശിപുവിനെ കണ്ട ദേവലോകം മുഴുവൻ വിറയ്ക്കും പ്രഹ്ലാദൻ ശാന്തനായിട്ട് നോക്കും പ്രഹ്ലാദനോട് ഹിരണ്യകശിപ്പു ചോദിക്കാം എന്താണ് അകസ്തേ ബലം എവിടുന്നാ തനിക്ക് ബലം എവിടുന്നാ തനിക്ക് ബലം പ്രഹ്ലാദൻ ചോദിച്ചു അച്ഛ എനിക്ക് ബലമൊന്നുമില്ല ബലത്തിന്റെയാണ് ഞാൻ അങ് പറയണത് അങ്ങയ്ക്ക് ബല ഉണ്ടെന്നാണ് അങ്ങയുടെ കയ്യിൽ ബലത്തിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ കയ്യിൽ ഒട്ടും ബലമേ വെച്ചിട്ടില്ല ബലത്തിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് വ്യത്യാസം മനസ്സിലാവുണ്ടോ കസ്തേ ബലം ബലം മേ വൈകുണ്ട തവച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം ോയമഗതീത് ഈ പേഴ്സണാലിറ്റിയെ വിടുക എന്നുള്ളതുണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല മറിച്ച് തരംഗം സമുദ്രത്തിനെ താനെന്നറിയ തരംഗം സമുദ്രത്തിൽ ലയിക്കണതുകൊണ്ട് തരംഗത്തിനൊന്നും നഷ്ടാവണില്ല സമുദ്രോഹമസ്മി എന്നറിയ അതുപോലെ ഭക്തൻ എപ്പോ ഭഗവാനിൽ തന്നെ ഇല്ലാതാക്കണോ തമിഴ് സിദ്ധാന്തത്തില് പറയണത് ആത്മസാക്ഷാത്കാരം എന്നല്ല പറയണത് തന്നിഴപ്പ് തന്നിഴപ്പ് തന്നിഴപ്പൈ എന്നക്കറ്റ് സാധിപ്പൻ ബാക്കിയൊക്കെ സാധിക്കാം ഈ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധ്യം എന്ന് ഭഗവാന്റെ അടുത്ത് തന്നെ ഇല്ലാതാക്കുക ഭഗവാനെ ഉള്ളൂ ഞാനില്ല എനിക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല ഭഗവാൻ യന്ത്രീ ഞാൻ യന്ത്രം ഹിരണ്യകശിപുവിന്റെ കൈ ഉയർത്താൻ ശക്തി കൊടുക്കണതും ആ വാഴുപിടിക്കാൻ ശക്തി കൊടുക്കുന്നതും വൈകുണ്ഠ ഭഗവാനാണ് അതാണ് പ്രഹ്ലാദന്റെ ബലേ അതുകൊണ്ട് അഹന്ത എഴുന്നേൽക്കണില്ല പരാജയം വരണില്ല ഓരോ ഒരിക്കലും ഓരോ വിഷമത്തിൽ രക്ഷപ്പെട്ടു വരുമ്പോഴും താൻ ജയിച്ചു എന്നുള്ള ഭാവവുമില്ല ഇതൊക്കെ നോക്കണം ഇവള് ഇത്രയധികം ദ്രോഹിച്ചിട്ടും ഇരണ്യ ദ്വേഷമില്ല നമുക്ക് ദ്രോഹിക്കൂ വേണ്ട ദ്രോഹിച്ചു ദ്രോഹിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഊഹിച്ചാൽ മതി ദ്വേഷം വരാ आदवेष्टा सर्वभूता प्राणियों द्वेश विलण भगवान पटाभिषेक विघ्न का पर കൈകേകിയോട് വെറുപ്പുണ്ടോ എന്ന് വെച്ചാൽ ഒട്ടുമില്ല വളരെ സന്തോഷമായിട്ട് രാമൻ പറയാണ് കൈകേകി അമ്മ എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തു എന്താ അനുഗ്രഹം ചെയ്തത് ഈ കാട്ടിൽ പോയി ഇരിക്കുക എത്ര സുഖമായ കാര്യ വനഭുവി സകലഭുവനഭാര സ്ഥാപിതോ വത്സമൂർ തതിഹ സുകരതാ ആവയോ തർക്കിതാം അമ്പത്തെ പക്ഷവാദ പക്ഷവാതം ആരോടാണെന്ന് വെച്ചാൽ എന്നോടാണ് എന്താന്ന് വെച്ചാൽ ഈ ഭുവന രാജ്യഭാരമെന്നുള്ള വളരെ ടെൻഷൻ പിടിച്ച കാര്യം തന്റെ മകന്റെ തലയില് എടുത്തുവച്ച് രാമൻ സൗഖ്യമായി കാട്ടിൽ പോയിരിക്കട്ടെ എന്ന് എനിക്ക് അനുഗ്രഹം ചെയ്തല്ലോ അല്പം പോലും വിക്രിയ ഉണ്ടായിരുന്നില്ല എന്നാണ് മുഖത്ത് ദ്വേഷം ഉണ്ടായിരുന്നില്ല ഭരതന് ദ്വേഷം വന്നു കോപം വന്നു കൈകേകിയോട് ഭരതനോട് പോലും പറഞ്ഞത് നീ കൈകേകിയോട് കോപിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരില്ല അയോധ്യയിലേക്ക് महापुष् चरत्र नोकिया का जैत महाप्रभु महाक्रूरवें तवशप स्नेह आलिंगन चिट्